ായ പതിനൊന്ന് ഗലയാദിനായ ഇഫ്താദ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രൻ ആയിരുന്നു ഇഫ്താഹിന്റെ ജനകനോ ഗിലയാദായിരുന്നു ഗലയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട് നീ ഞങ്ങളുടെ പ്രതിർഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോപ് ദേശത്ത് ചെന്ന് പാർത്തു നിസാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് അമോന്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു അമൂന്യർ േലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനെ തോബുദേശത്തുനിന്ന് കൊണ്ടുവരുവാൻ ചെന്നു അവർ ഇഫ്താഹിനോട് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്കാം എന്ന് പറഞ്ഞു ഇഫ്താഹ് ഗിലയാദിയരോട് നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിൽ ആയ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു ഗിലയാതിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട് നീ ഞങ്ങളോട് കൂടെ വന്ന് അമോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലയാതിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇഫ്താഹ് ഗിലയാതിലെ മൂപ്പന്മാരോട് അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എന്റെ കൈയ്യിലേൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു ഗലയാതിലെ മൂപ്പന്മാർ ഇത്താഹിനോട് യഹോവ നമ്മുടെ മധ്യയെ സാക്ഷി നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇഫ്താഹ് ഗലയാതിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി ഇഫ്താഹ് മിസ്ബയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു അനന്തരം ഇഫ്താഹ് അമൂന്യരുടെ രാജാവിന്റെ എടുക്കൽ ദൂതന്മാരെ അയച്ചു നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്തു വരേണ്ടതിന് എന്നോട് നിനക്കെന്ത് കാര്യം എന്നു പറയിച്ചു അമൂന്യരുടെ രാജാവ് ഇഫ്താഹിന്റെ ദൂതന്മാരോട് ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവന്നപ്പോൾ അവർ അർനോൻ മുതൽ യബോക്കു വരെയും യോർദാൻ വരെയും ഉള്ള എന്റെ ദേശം തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കിത്തരിക എന്നു പറഞ്ഞു ഇഫ്താഹ് പിന്നെയും അമോന്യരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അവനോട് പറയിച്ചതെന്തെന്നാൽ ഇഫ്താഹ് ഇപ്രകാരം പറയുന്നു ഇസ്രയേൽ മോവാബ് ദേശമോ അമോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ച് കാദിഷിൽ എത്തി ഇസ്രയേൽ ഏതോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു രേണമെന്ന് പറയിച്ചു എങ്കിലും ഏതോ രാജാവ് കേട്ടില്ല മോവാബ് രാജാവിന്റെ അടുക്കലും അവർ പറഞ്ഞയച്ചു അവനും സമ്മതിച്ചില്ല അങ്ങനെ ഇസ്രയേൽ കാതൽ പാർത്തു അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഏതോം ദേശവും മോവാബ് ദേശവും ചുറ്റിച്ചെന്ന് മോവാബ് ദേശത്തിന്റെ കിഴക്ക് എത്തി അർണോനക്കരെ പാളയമിറങ്ങി അർണോൻ മോവാബിന്റെ അതിരായിരുന്നു മോവാബിന്റെ അതിർക്കകത്ത് അവർ കടന്നില്ല പിന്നെ ഇസ്രയേൽ ഹെഷ്ബോനിൽ വാണിരുന്ന അമൂര്യ രാജാവായ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിന്റെ ദേശത്തുകൂടി എന്റെ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും സിഹോൻ ഇസ്രയേൽ തന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തന്റെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി യഹസിൽ പാളയമിറങ്ങി ഇസ്രയേലിനോട് പടയേറ്റു ഇസ്രയേലിന്റെ ദൈവമായ ഹോവ സീഹോനെയും അവന്റെ സകല ജനത്തെയും ഇസ്രയേലിന്റെ കൈയിൽ ഏൽപ്പിച്ചു അവർ തോൽപ്പിച്ചു ഇങ്ങനെ ഇസ്രയേൽ ആ ദേശനിവാസികളായ അമൂര്യരുടെ ദേശമൊക്കെയും കൈവശമാക്കി അർണോൻ മുതൽ യബോക്കു വരെയും മരുഭൂമി മുതൽ യോർദാൻ വരെയുമുള്ള അമൂര്യരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി ഇസ്രയേലിന്റെ ദൈവമായ ഹോവ തന്റെ ജനമായ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് അമൂര്യരെ നീക്കിക്കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശം നിന്റെ ദേവനായ കെമോഷ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ അനുഭവിക്കയില്ലയോ അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും സിപ്പോരന്റെ മകനായ ബാലാഖ് എന്ന മോവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ അവൻ ഇസ്രയേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇസ്രയേൽ തെഷ്ബോനിലും അതിന്റെ പട്ടണങ്ങളിലും അരൂവേരിലും അതിന്റെ പട്ടണങ്ങളിലും അർനോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് സവത്സരത്തോളം പാർട്ടിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത് ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത് ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രയേൽ മക്കളുടെയും അമൂന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ എന്നാൽ ഇഫ്താഹ് പറഞ്ഞയച്ച വാക്ക് അമൂന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു അവൻ ഗിലയാതിലും മനശീയിലും കൂടി കടന്ന് ഗിലയാദിലെ മിസ്സ്പയിൽ എത്തി ഗിലയാദിലെ മിസ്സ്പയിൽ നിന്ന് അമോന്യരുടെ നേരെ ചെന്ന് ഇഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് പറഞ്ഞത് നീ അമോന്യരെ എന്റെ കൈയിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങിവരുമ്പോൾ എന്റെ വീട്ടുവാതുക്കൽ നിന്ന് എന്നെ എതിരേറ്റുവരുന്നത് ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും ഇങ്ങനെ ഇഫ്താഹ് അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു യഹോവ അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവനവർക്ക് അരോവേർ മുതൽ മിന്നിത്തുവരെയും ആബേൽക്കരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി ഇരുപത് പട്ടണം ജയിച്ചടക്കി എന്നാൽ ഇഫ്താഹ് മിസ്ബയിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇദാ അവന്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റുവരുന്നു അവൾ അവന് ഏകപുത്രി ആയിരുന്നു അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല അവളെ കണ്ടയുടനെ അവൻ തന്റെ വസ്ത്രം കീറി അയ്യോ എന്റെ മകളെ നീ എന്റെ തല കുഞ്ഞു നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കിയല്ലോ യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു അവൾ അവനോട് അപ്പ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്കുവേണ്ടി നിന്റെ ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം നടത്തിയിരിക്കയാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്നു പറഞ്ഞു എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമായി എന്റെ കന്യാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് രണ്ടു മാസത്തെ അവധി തരണമെന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞു അതിനവൻ പോക എന്നു പറഞ്ഞ് അവളെ രണ്ടു മാസത്തേക്ക് അയച്ചു അവൾ തന്റെ സഖിമാരുമായി ചെന്ന് തന്റെ കന്യാത്വത്തെക്കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു രണ്ടു മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിവന്നു അവൻ നേർന്നിരുന്ന നേർച്ച അവളോട് ചെയ്തു അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല പിന്നെ ആണ്ടുതോറും ഇസ്രയേലിലെ കന്യകമാർ നാലു ദിവസം ഗലയാദ്യനായ ഇബ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രയേലിൽ ഒരു ആചാരമായി തീർന്നു